അവർക്കു മുൻപേ മദീനയിൽ താമസമാക്കുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തവർ തങ്ങളുടെ അടുത്തേക്ക് ഹിജറ വന്നവരെ സ്നേഹിക്കുന്നു അവർക്ക് നൽകപ്പെട്ട കാര്യങ്ങളിൽ തങ്ങളുടെ ഹൃദയങ്ങളിൽ യാതൊരു കുറവും അവർ കാണുന്നില്ല തങ്ങൾ ദാരിദ്ര്യത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു ആരെങ്കിലും തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവരാണ് വിജയികൾ